ഒരാള് ഒരാൾക്ക് അദ്വിതീയമായ ആത്മബോധം ഉണ്ട് ബ്രഹ്മജ്ഞാനമുണ്ട് അല്ലെങ്കിലും വ്യവഹാരം നടക്കുന്നത് അതും ബാധിത അനുമൊരു കേസ് സ്വീകരിക്കുന്നു അദ്ദേഹം അപ്പോൾ ഭേദം ഞാൻ അനുവർത്തിക്കുകയും ഇവിടെ എന്താണ് ആത്മാവുന്നോ തത്വം ബ്രഹ്മതത്വം ഒന്നും അയാൾക്ക് നല്ല ബോധ്യമോ ബാധ്യതയെ ബാധ്യത അനുവർത്തി സ്വീകരിച്ചു ഗുരു ഏശേഷനോ പോലീസ് കാരണം ഇവിടെ അന്യനായ ശേഷ്യനില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് താൻ മാത്രമേ ഉള്ളൂ ഗ്രഹം മാത്രമേ ഉള്ളൂ ഇതാണ് രാമാനുചാര്യം പറയുന്നത് അപ്പൊ ആ ഒരു ചോദ്യത്തെ കൂടുതൽ വിശകലനം ചെയ്തിട്ട് അതിന് വരാവുന്ന എല്ലാ മറുപടികളെയും എല്ലാം നിർദ്ദേശിക്കും അതിനെയൊക്കെ നിഷേധിക്കും ആർക്കാണ് ഉദ്ദേശിക്കുന്നത് സസ്മിൻ പരസ്പരം അദ്ദേഹപ്പെട്ടതാണ് അത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നത് അതാണ് തർക്കമായതുകൊണ്ട് ഒന്നുകൂടി മനസ്സിലാകാറില്ല തനിക്കാണോ ഉപദേശിക്കുന്നത് അന്യനാണോ അത് തനിക്കാണെന്ന് പറയുമ്പോൾ യാൾ വിശസ് തല്ലിൽ നിന്ന് അന്യനാണെന്ന് ഉറപ്പിച്ചു ഉപദേശിക്കുകയാണ് ഉപദേശിക്കുക അന്യം വേണം ഉറപ്പിച്ചിട്ടാണ് ഉപദേശിക്കുന്നത് അന്യനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ സിദ്ധാന്തം അദ്വിതല്ലിൽ നിന്ന് അന്യനൊന്നും ആരെയും ഉറപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ അന്ത്വിതം അറിഞ്ഞില്ലായെന്ന് അന്തീവിതം അറിഞ്ഞ ഒരാൾക്ക് അന്യനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല മനസ്സിലായിരുന്നു അപ്പൊ തന്നോട് തന്നെ പറയുന്നു എന്ന് പറയുമ്പോ അർജുനന് എന്താണ് അനാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് തന്നോട് ഉദ്ദേശിക്കാൻ പറ്റില്ല പറ്റില്ല തന്നെ എന്ന് പറയുന്നതിലർത്ഥമുണ്ടാവും അതാണ് ആദ്യ നിർദ്ദേശം പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് പിന്നെ ആണോ നിശ്ചയിച്ചിട്ടല്ല പിന്നെ നിശ്ചയ തന്നോട് തന്നെ തന്നെ അസത്യമാണ് ഭിന്നനാണെന്ന് നിശ്ചയമില്ല അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഉപദേശിച്ചു ഗുരു ശിഷ്യന് അന്യനാണെന്ന് അറിഞ്ഞിട്ടുള്ള അന്യത്വമില്ല അന്യനില്ല അസത്യമാണെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അസത്യത്തോട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അന്ധ്യാസനോട് ഉപദേശിക്കാം അനീകമായ അസുക്കളോട് ഉപദേശിക്കുക അർത്ഥം ഇനി അടുത്ത പക്ഷം വരുന്നത് എന്താണോ അഭിന്നനാണെന്ന് കരയുകൊണ്ട് ഭിന്നം എന്നുള്ള പക്ഷം അർജുനന് അഭിന്നനായി കരയോ കഥ കൊണ്ട് തന്നോട് പറയുന്നത് അഭിന്നനാമം തനാണ് തന്നോടൊന്നോട് ഭക്ഷണ അർജുനെ തന്നയമല്ലാതെ കണ്ടുകൊണ്ട് തന്നോട് ഉപദേശിക്കുന്നു പറഞ്ഞാൽ ഇത് വരുന്നു അപ്പോ എല്ലാം തന്നോട് അന്യമാണ് തന്നയമായിട്ടൊന്നുമില്ല അർജുനനും അപ്പൊ ശരിക്കും ഉപദേശിക്കുന്നു അഭിന്നമായിരിക്കുന്ന തന്നോടാണ് അപ്പൊ എല്ലാം തന്നോട് എപ്പോഴും അഭിന്നമായിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു ഉപദേശം നിർത്താൻ പറ്റും അതാണ് എന്നോട് എല്ലാം തന്നോട് അഭിന്നമാണ് ഇതിനെല്ലാം അഭിന്നമാണ് ഭിന്നമായിരിക്കുന്ന തന്നോട് ഉപദേശിക്കുകയാണ് എപ്പോഴും ഉപദേശിക്കുന്നത് എപ്പോഴും തന്നോടല്ലാം അഭിന്നമായിരിക്കും അതാണ് പിന്നെ മറ്റൊരു പ്രശ്നമുള്ള എന്താണ് അവിടെ അങ്ങനെ ഉപദേശിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് കാരണം ഉപദേശം തന്നോട് തത്വം അറിഞ്ഞത് കാരണം തന്നോട് ഉപദേശിക്കും ഒരാൾക്ക് സത്യം അറിയാം പിന്നെ തന്നോട് ഉപദേശിച്ചു അതും ഇല്ല ഇനി അന്യനോട് ഉപദേശിക്കുന്നു അന്യനെ മനസ്സിലാക്കി അന്യൻ സത്യമാണെന്ന് പറഞ്ഞു പറയുന്നു അത് ഒരിക്കലും ശരിയാകും എന്തുകൊണ്ട് ഒരിക്കലും അദ്വൈകി അന്യനെ സത്യമായി താനാണെന്നല്ല അന്യനാണെന്ന് അറിയുന്നു പക്ഷെ അന്യൻ സത്യമാണ് അത് അദ്വൈതത്തിന് വിരുദ്ധമാണ് അണ്ണിനെ എന്താണ് സത്യം അറിയുന്നു അന്യനൊരിക്കലും സത്യമാകത്തില്ല ഇതാണ് ഇവിടെ ഒരു രാമാനുജാചാര്യര് ശങ്കരാചാര്യെ ഖണ്ഡിക്കാനുള്ള ഒരു കാര്യമില്ല ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനവും ശങ്കരാചാര്യ രാമാനുരാചാര്യ വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു വ്യത്യാസം പദാർത്ഥം അന്വയാർത്ഥം ആശയം എല്ലാം അവരൊരുപോലെ എന്ന് പറഞ്ഞിരുന്നു കാരണം ഇതിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ് ഞാനും നീയും ഈ രാജാക്കന്മാരും എല്ലാക്കാരും ഉണ്ടായി ഇനിയും ഉണ്ടായി ഇത്രയും ഇവിടെ പറയുന്നു ഇത് രണ്ടുപേർക്ക് സമ്മതമായ കാര്യമാണ് പക്ഷെ ശങ്കരാചാര്യവിടെ ഒന്ന് കൂട്ടിച്ചേർത്തെന്താണ് ആത്മാവൊന്നാണ് ശരീരഭേദം കൊണ്ടാണ് ഞാൻ നീ രാജാക്കന്മാരെന്ന് പറയുന്നത് ഈ ആത്മാവെന്നാണെന്നുള്ള കാര്യം ഈ ശ്ലോകത്തിൽ പറയുന്നില്ല ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത എന്തിനാ അദ്ദേഹത്തെ സ്ഥാപിക്കണം അപ്പൊ ശരീരഭേദം കൊണ്ട് പലരായി പലതായിരിക്കുന്ന വെച്ചാൽ ഈ ഭേദം എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം അധികമായി എഴുചേർത്തോണ്ടാണ് രാമാനുചാചാരൻ ഇതിനെ ഖണ്ഡിക്കുന്നത് അല്ലാതെ ശങ്കരാചാര്യ എഴുതിയതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഖണ്ഡിക്കുന്നതായിരുന്നു കാരണം ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ നമ്മുടെ ഒരു അഭിപ്രായ അടുത്ത ശ്ലോകത്തിനോ അങ്ങനെയല്ല രണ്ടുപേരും ഒരായ അർത്ഥമായ ശ്ലോകത്തിൽ ഇല്ലാത്തൊരർത്ഥം എന്തിനു ആത്മാ ഒന്നാണ് ശരീരഭേദം കൊണ്ട് പലതായിരിക്കുന്നു അത് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല അവിടെയാണ് പ്രശ്നം അതാണ് നമ്മൾ പറയുന്നത് ശരീരഭേദം നിങ്ങൾ ശരീരഭേദം സ്വീകരിച്ചാൽ അന്യ സത്യമാണെങ്കിൽ ഒന്ന് ശരീരഭേദം കൊണ്ട് ആത്മഭേദം പരമാർത്ഥത്തിലുള്ള ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഇല്ലാത്ത അപ്പോ അത് മറുപടി പറയുന്നുണ്ട് ഇല്ലാത്തവര് കഴിഞ്ഞു ഇനി അന്നനാണെന്ന് കരുതിയാലും സത്യമല്ല പക്ഷെ ഒരു പ്രതീതിയുണ്ട് അന്യനാണെന്ന് അങ്ങനെ കേവലം പ്രതീതമായ വരും വരി ഓരെയോ തെറ്റിസത്വം പോലെയൊക്കെ പ്രതീതമായ അഞ്ചിനും ഉപദേശിക്കുന്നതോന്നു കഴിഞ്ഞാൽ പ്രതീതി രണ്ടായി സ്വീകരിക്കാം ഒന്നുകിൽ അതിനെ അനോചനീയമായി അനോചനീയമായി അതിന് അസത്വമായി ചേരും കണ്ടന കണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയും അസത്യ അത്യന്ത അസത്യ തത്യ അത്യന്തം അസത്യമായ ഒരു അസുഖങ്ങൾ പോലും ശബ്ദജ്ഞാനത്തിൽ ഉണ്ടാകും ഒരു പ്രതീതി ഉണ്ടാകും ആകാശ കുസുമെന്ന് കേട്ടുകഴിഞ്ഞാൽ എല്ലാത്തിനും സാധനവും കേട്ടുകഴിഞ്ഞാൽ ഒന്നുണ്ടാവും ഒരു ഒരു അർത്ഥബോധമുണ്ടാവും ആകാശം കുസുമം ഇങ്ങനെ അത് ശബ്ദത്തിന്റെ ശക്തിയെ കുറിച്ച് പറയും പറയുന്നു അതിന് ഇത് പുസ്തകമാണെന്നും വേശയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ബോധമുണ്ടാകുന്നത് അസ്വസ്ഥ വസ്തുക്കൾ ഇതുണ്ടാവും പ്രതീതി ഉണ്ടാകും അപ്പോ ഒന്നുക പ്രതീതമാകുന്ന അർത്ഥങ്ങളോട് ഉപദേശിക്കുമ്പോ ഒന്നുകിൽ അതിന് അനോരചനീയമായിരിക്കും സർപ്പം പോലെ അല്ലെങ്കിൽ അസത്തായിരുന്നു ആശ ആകാശം പോലെ രണ്ടായത് ശരി എന്താണ് എങ്ങനെയാണോ അനോ വലിയന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരാൾക്ക് അതിന്റെ പ്രതിബിംബത്തോട് ഉപദേശിക്കാത്ത അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരാൾ അധ്യാപത്തിനോട് ഉപദേശിക്കാത്ത അസത്തായ അതുപോലെ ഒരു അംഗീകൃതോട് ഉപദേശിക്കുന്നില്ല പ്രതീതിയോട് ആരെങ്കിലും ഉപദേശിക്കുന്നത് ഇത്രയെണ്ണം കൂടെ പണ്ടോ ഇപ്പൊ ബാധ്യത അനുമതി എന്ന് പറയുന്ന ഒരാശയത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും എന്താണ് അദ്വൈതത്തെ സമൃദ്ധിക്കാൻ കഴിയത്തില്ല ആർക്കും ഉപദേശിച്ചോ ഇതാണ് ദൈവം പറയുന്നത് രാമാനുജ ഭാഷയത്തിന് ശങ്കരാചാര്യഖണ്ഡനത്തെ ഗീതാ ഭാഷത്തെ തന്നെ വേറെടുത്ത് ഖണ്ഡിങ്ങനെ അതായത് അനുമത്കൃതം അതായത് പൈശാല ഭാഷ തൽക്കാലത്തുണ്ടായ ഒരു ഭാഷ ഈ പൈശാചാഷ്യത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അത് വേങ്കടനാഥ ഇതേ പേരുള്ള ആളുകൾ അതും വളരെ പ്രതിഭാശാലിയാണ് പ്രതിപണ്ഡിതനാണ് അപ്പൊ ഈ പൈശാല ഭാഷ്യെന്ന് പറയുന്നത് ശരിക്കും അദ്വൈതം തന്നെയാണ് സാങ്കരഭാഷ്യത്തിന്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായും അദ്വൈതമാണത് പക്ഷെ ശങ്കരഭാഷയൊക്കെ വരുന്ന ഈ ഖണ്ഡന മണ്ഡലങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ലെന്ന് പറഞ്ഞു സൂത്രത്തിന്റെ അർത്ഥം പറയുന്നു അദ്ദേഹപരമായി അങ്ങനെ പറഞ്ഞു അവസാനത്തെ ശ്ലോകം വരെ വ്യാഖ്യാനിക്കുന്നു അതിന് ഈ ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്നൊരു വ്യാഖ്യാനമായി അതിനകത്ത് എല്ലാ ശ്ലോകങ്ങളും ഈ പൈശാല ഭാഷയത്തിലില്ല അവിടെ രാമാനന്ദാചാര്യനെ ഭണ്ണിക്കുന്നില്ല പക്ഷേ ഈ വെങ്കടനാഥൻ അദ്ദേഹം ഈ രാമാനന്ദി വന്ന ഭാഗങ്ങളെല്ലാം ഖണ്ഡിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹവും ഇതിൽ കൈവയ്ക്കുന്നില്ല ഇതിൽ വേദാന്ത ദേശികന്റെ കണ്ഡലങ്ങളിലൊന്നും തൊടുന്നില്ല കാര്യമായിട്ടും തുടങ്ങില്ല ഞങ്ങൾക്കത് അവിടെ നേരിട്ട് ഖണ്ഡിച്ചതായി ഞാൻ കണ്ടിട്ട് പക്ഷെ രാമാനുജ ഭാഷയത്തെ അദ്ദേഹം ഖണ്ഡിക്കുന്നു അപ്പോ എങ്ങനെയാണ് ഈ പറയുന്ന രാമാനുജ ഭാഷയത്തെ വെങ്കടനാഥ് അതിന് ഖണ്ഡിക്കുന്ന ഈ ഭാഷ മൂലം ചർച്ച ചെയ്തു ശേഷം പറയാം അദ്വൈനയൊക്കെ ഒരു സമാധാനമാണ് എന്ന് കരുതണ്ട അതിനു ഞാൻ കണ്ടിക്കും എന്തുകൊണ്ട് ഇത് ഇതെന്താണ് ഇത് ഇഷ്ടാദ്വീതമാണ് അപ്പോ അത്വീതത്തിൽ നിർത്താൻ പറ്റില്ല അത് ഇഷ്ടാദ്വീതത്തിലേ നിർത്തും പിന്നെ അതിനൊന്നുങ്ങൾ കണ്ടില്ല അത് നോക്കില്ല ഇനി അതിന്റെ കണ്ഡനം വേണമെന്നുണ്ടെങ്കിൽ ഗീതാ ഭാഷ മുഴുവൻ ഈ രാമായണ ഭാഷ മുഴുവൻ ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് അവസാനം നോക്കാം ഞാനിവിടെ ഉണ്ട് എങ്കിൽ മാത്രേ ഉള്ളത് രാമാനുജ ആചാര്യെങ്ങനെയാണ് വെങ്കടനാഥൻ ഖണ്ഡിച്ചത് അതിനെ എങ്ങനെ ഖണ്ഡിക്കാം പിന്നെ അതിന്റെ കണ്ണിനെ അങ്ങനെ വരാം അത് നമുക്ക് അപ്പം ചിന്തിക്കാം അവസാനം എന്തായാലും ഇപ്പൊ നമുക്ക് അതുകൂടെ നോക്കാം രാമാനുജാചാര്യരെ എങ്ങനെ വെങ്കിടനാഥൻ ഖണ്ഡിച്ചു അതിനെന്താണ് പോരായ്മ ഈ വെങ്കടനാഥന്റെ കാലം പറയുകയാണെങ്കിൽ ഒരു പതിനാറാം നൂറ്റാണ്ടിന് ശേഷമായി അങ്ങനെ പറയാൻ കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കടനാഥൻ മസൂദ സരസ്വതി കണിക്കുന്നുണ്ട് പല അദ്വൈതികൾക്കും മനസൂ സരസ്വതി മസൂന സരസ്വതി അദ്വൈതി ആയിരുന്ന ഭയങ്കര കലിപ്പാണ് മസൂനുസരസ്വതി കാരണം ഉടാർത്ഥ ദീപിക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്നു ഒരുപാട് ശങ്കരസ്തുതി പക്ഷെ അങ്ങോട്ട് എന്തിനെന്ത അവസരം കിട്ടുന്നതെല്ലാം ശങ്കര ഖണ്ഡിക്കും അദ്വീതമാണ് ഇത് പലർക്കും ഇഷ്ടപ്പെട്ടു ഈ മസൂര സരസ്വതി ഖണ്ഡിക്കാൻ വേണ്ടി തന്നെ ഒരു ഭാഷ്യവരിയാണ് ഭാഷ്യോത്കർഷ ദീപിക ധനപതി എന്ന് പറയുന്ന ഒരാളെങ്കിലും ഭാഷ്യത്കർഷണം ഓരോ ശ്ലോകത്തും അനുസരിച്ച് ഖണ്ഡിച്ചിട്ട് ഭാഷ്യമാണ് ശരിയെന്നുള്ള ഇവരെല്ലാം അദ്വൈതികളാണ് അതാണ് എൻ്റെ തമാശ ഇവരും വേറെ സിദ്ധാന്തം പറയുന്നില്ല ഞാനീ അദ്വൈതം കണ്ടിവിടുത്തെ പൊട്ടന്മാരൊക്കെ ചെരുത്തും വിവരദോഷം കാരണം ബോധമില്ലാത്ത കൊണ്ടാണ് ശാസ്ത്രത്തെ കുറിച്ച് പ്രക്രിയകളെ കുറിച്ചൊന്നും ബോധമില്ലാത്തവരാണ് അവരോട് പറയേണ്ടി വന്ന എൻ്റെ ഒരു ഗതികേട് എന്ത് എനിക്ക് വേറെ തൊഴിലില്ല ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ഞാൻ കാണുന്നു ഇത്ര വർഷത്തൊഴിൽ ആണല്ലോ അതുപോലെ അപ്പോ ഇദ്ദേഹം ഇവ മസൂത്സരിസ്ഥിതി ഖണ്ഡിക്കുന്നുണ്ട് മൌസൂൽ സരിസ്ഥിതി എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി നാപ്പതിലാണ് സമാധിയാണ് അപ്പഴാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു അല്ലല്ലേ വിളിച്ചത് വ്യാസതീർത്ഥന അത് വ്യാസതീർത്ഥന വിളിച്ചത് ഉദ്വൈതൽ ന്യായാമൃഗം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്താണ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയാണ് അത് വേറെ ആളാണ് പക്ഷെ അവിടെ ദൈവത്തിന്റെ ആവശ്യങ്ങളും വരും ഈ വെങ്കടനാഥൻ അദ്ദേഹം മസൂര സരസ്വതിയെ മധ്വാചാര്യെ രാമാനുജാചാര്യെ എല്ലാരെയും കാണിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ സമർപ്പിക്കുന്നവ അത് നിസ്സാരക്കാരനല്ല മസൂരൻ സരസ്വതി പോക്ക് വേറൊരു വഴികയാണ് ഇതെല്ലാം ഗീതാ ഭാഷ്യത്തിലാകണം ഏ അങ്ങനെ അതിൽ ഈ ഭാഷ കർഷക പ്രധാനമായും വരുന്ന ഒന്നത് തന്നെയാണ് യോഗം അതായത് യോഗപക്ഷത്തെ കൂട്ടുപിടിക്കുകയല്ല മസൂരൻ സരസ്വതിയെ വഴിതെറ്റിച്ചെന്താണ് വാസിഷ്ഠ വാസിഷ്ഠത്തിന്റെ ബ്രഹ്മവിൽ ബ്രഹ്മവിൽ വരവ് കരിഹിയാൻ വരിഷ്ഠൻ എന്ന് പറയുന്നത് കയറി പിടിച്ചു ഇത് ഭാഷ ഉത്കൃഷ്ണ ദീപികകാരൻ ഇഷ്ടപ്പെട്ടല്ല അപ്പോ ഇതൊന്നും ഭാഷത്തിലിരുന്നല്ലോ പിന്നെ ഇവിടെ നിന്നാണ് ഇത് വാസിഷ്ടത്തിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചിട്ടാണൊക്കെ ഇതൊന്നും അദ്വൈതമല്ല എന്ന് തീർത്തും പറയുന്നു അതായത് സ്വയം എന്ന വേദിത്തിൽ വേദിതോപി തഥേ വരും ആരെങ്കിലും വന്നൊരാളെ നമുക്ക് എന്നോടൊരു കാര്യം പറഞ്ഞാൽ അറിയില്ല സ്വയം ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷി മേസാണ് അങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേരാന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ മറന്നു പോകും മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചാൽ പറഞ്ഞാൽ അറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥകളെ കുറിച്ചൊന്നും പഴയ ആൾക്കാർക്ക് യാതൊരു ബോധമില്ല ഈ കാശീലെ ദക്ഷിണാമൂർത്തി മണ്ഡ അവിടത്തെ ഒരു മണ്ഡലേശ്വരനുണ്ട് അദ്ദേഹത്തിന് അവസാനം ഇങ്ങനെ ഒരവസ്ഥ വലിയ പണ്ഡിതന്നെ ഒരുപാട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിച്ച സംശയപശാലൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിച്ച സന്യാസികമായതുകൊണ്ടൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് പഠിക്കുമ്പോഴും വലിയൊരു പണ്ഡിതനായിരുന്നു പക്ഷെ അവസാനം എന്ത് പറ്റി ആർക്കും വരാം എനിക്കും വരാം നിങ്ങൾക്കും വരാം അതൊന്നും തടയാൻ അദ്വൈതം കൊണ്ടൊന്നും പറ്റത്തില്ല സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് ഇത് വരാതിരിക്കണെങ്കിൽ നമുക്ക് തടയാൻ വേണ്ടിട്ട് ഒരു വഴിയുള്ളു എന്താണോ നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഒരു വഴി അതുകൊണ്ടാണ് ഞാൻ ഈ എന്താണ് ബയോളജി ന്യൂനോ സയൻസും അത് ഇതൊക്കെ വായിക്കുക ഇത് തടയാൻ വേണ്ടിട്ടാണ് നടക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഏ എങ്ങനെ എന്നെ പേടിച്ചല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചാണ് ആരനുഗ്രഹിച്ചാലും സ്വീകരിച്ചു അല്ല കാര്യമായിട്ടാണ് പറയുകയാണെങ്കിൽ ഇതൊക്കെ പേടിച്ചേ പറ്റും ഇപ്പോൾ ഇദ്ദേഹത്തിന് അവസാനം ഇത് വന്നു അപ്പൊ ഈ ശിഷ്യൻ എന്നോട് പറഞ്ഞു ബ്രഹ്മിത് വരിഷ്ഠനായിരുന്നു അന്ന് വർഷം ആണെങ്കിലും കാശീല കോഴിക്കോട് മുപ്പത് വർഷം എനിക്കെന്നെ ഈ അക്ഷുവയസ്സിനെ കുറിച്ചൊന്നും അറിയില്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം അന്ന് കോമയെ കുറിച്ച് അറിയാം ഞാൻ വിചാരിച്ച ഇദ്ദേഹം കോമയിലുള്ള കിടന്നായിരുന്നു ഞാൻ കരുതി കരുതി അപ്പം നിങ്ങൾ പറയുന്ന പോലെ എന്താ പറയുക സ്വാമി എന്ത് കേട്ടാലും നെഗറ്റീവ് ആയിട്ട് സംസാരിക്കും പോസിറ്റീവ് വേണ്ടത് വളരെ വ്യക്തമാണ് ഇതാണ് അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ എത്തിച്ചത് ലോകത്തിലെ ഒരുപാട് പ്രതിഭാഷ മനുഷ്യ മാത്രമാണ് ഈ മാനസികമായ ഇങ്ങനെ അവസാന അവസാനത്തിനു പറ്റിയിട്ടുള്ള പേര് അടുത്ത കാലത്തൊക്കെ പല പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ മരിക്കുമ്പോ പലതിലും എഴുതാറില്ല അവർക്ക് അവസാനം പാർക്കിൻസൺ അല്ലെങ്കിൽ അക്ഷ അസുഖങ്ങളാണെന്ന് എഴുതാറുണ്ട് ബൗധപിതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊക്കെ ആർക്കും സംബോധിക്കാം പണ്ടിത് അറിയില്ല അതുകൊണ്ടതൊക്കെ എന്തായി ബ്രഹ്മവിൻ വരിഷ്ഠനായി ഇന്നറിയാം അതുകൊണ്ട് ഇത് അക്ഷേ ഇത് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഇതൊക്കെയാണ് എന്റെ യാഥാർത്ഥ്യം ഇത് പറഞ്ഞാണ് ഇങ്ങനെയായിരുന്നു അതേപോലെ കാലം ഇങ്ങനെ ബോധമൊന്നുണ്ടാകാൻ മരിച്ചു അതെങ്ങനെ ബ്രഹ്മ വിവരിച്ചു ഭാഷകാരമൊന്നും പറയുന്നില്ല ഭാഷകാരനെ പക്ഷേ അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും ആൾ ബുദ്ധിമാനായിരുന്നോ അദ്വൈതത്തിലൊന്നും കൊണ്ടുപോകുന്നില്ല മഹത്സവനുസ്ഥ കൊണ്ടു വന്നു അപ്പോ അതിനനുഷേ പശു കർഷന അതിനനുഷേന്ന് ശരിയല്ല എന്ന് പറയുന്നത് അദ്വൈതത്തിലുള്ള കാര്യമല്ല ഇനി ഈ പറയുന്ന ഈ പഴയ പഴയകാലത്തുള്ള വിഭ്രാന്തി ഇതിന്റെ പൈസ ഭാഷ്യം എന്ന് പറയുന്ന അതിനാണ് ഈ വ്യാഖ്യാനം ഈ പൈശാച ഭാഷ എന്ന് പറയുന്ന പേരെന്താണ് ഏർ അങ്ങനെ അതിന് പറയുന്നത് അതുണ്ട് അത് ശൈലിയുണ്ട് സംസ്കൃതത്തിൽ അങ്ങനെ ഗൂഢിന്നൊക്കെ പറയുന്നവരെ പൈശാചി എന്നുള്ളതെന്ന് ശൈലിയിൽ ഉണ്ടല്ല ഇതിന്റെ ഈ പൈശാചാഷ്യത്തിന്റെ ഏറ്റവും അവസാനം അവസാന ശ്ലോക ഇതിന്റെ ഒരു ശ്ലോകത്തിൽ എഴുതിയിക്കുന്നത് പിശാചേന മിനർന്നിതം വിശ്വനാ വിശ്വനാഥേന ലേഖിതം ഈ ഭാഷ എഴുതിക്കുന്ന പിശാചാണ് ഇത് എഴുതിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ഒരു വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാണ് അന്ന് എഴുതിയിട്ടുണ്ട് പിശാചൻ എന്ന് പറയുന്നത് എന്താണ് എഴുതിയ എങ്ങനെയാണ് പൂർവരൂപ ഈ പിശാചന് പൂർവരൂപ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് എഴുതിയാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഏതോ വലിയ പണ്ഡിതന് ഏതോ ഒരു ശാപം കൊണ്ട് അയാളുടെ പിശാചൻ പിശാചായി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാള് ആ പിശാചിന്റെ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടി എന്തേ ഈ ഗ്രന്ഥം ചെയ്യുന്നു പിശാച മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രന്ഥം പക്ഷെ അദ്ദേഹം പറഞ്ഞായിരുന്നു വലിയ പണ്ഡിതന്മാരാണ് അവർക്ക് പറഞ്ഞാൽ പിന്നെ എന്റെ രീതിയിൽ ശാന്തര ഭാഷയുള്ളു പഠിച്ചെന്തേണ്ട കാര്യം എല്ലാം പഠിച്ചയാളായിരുന്നു അപ്പൊ എന്താണ് ഇത് ഈ വിശാചബാധയിൽ നിന്നും മുക്തനാകാൻ വേണ്ടി ഇയാളെങ്കിലൊരു ഗ്രന്ഥം എഴുതി എന്ന് പറയുന്നത് എന്താണ് പഴയകാലത്ത് കിശാന്റെ പാത വല്യൊരു അളവ് എന്താണ് ഇതാണ് സ്കീസ് ഓഫ് ഇന്ത്യ അങ്ങനെ പിടിപെട്ട ഒരാളുടെ ഇത് എഴുതാൻ പറ്റും തീർച്ചയായിട്ടും എഴുതാൻ പറ്റും അതിനു ഒരാളുടെ ഉദാഹരണം പറയും ഒരാളുടെ ഒരുപാട് പേരുണ്ട് അമേരിക്കൻ എക്കണോമിസ്റ്റ് നാട്ടിൽ അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസയാളെ ദ്ദേഹം ആറുമാസം പ്രൊഫസറായിരുന്നു കുട്ടികൾ ക്ലാസ് എടുത്തു വരുന്ന ക്ലാസ് പക്ഷെ ആറുമാസം പോയെങ്കിൽ സ്വയം കസേല ഭ്രാന്താശുപത്രി പോയി അഡ്മിറ്റ് ചെയ്ത് കിടക്കും ശരിക്കും അദ്ദേഹത്തിന് അറിയാൻ വരുന്നില്ല തന്റെ പ്രശ്നം ഇല്ല അദ്ദേഹത്തിന് ഒരിക്കലും അതിൽ നിന്ന് പൂർണ്ണമായും പക്ഷെ ട്രീറ്റ്മെന്റ് നടത്തിയതുകൊണ്ട് ആറ് മാസം കിട്ടി നടക്കുമ്പം പഴയകാലമല്ല ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു വന്ന് വലിയ പ്രതിഭാഷ അല്ലേ ക്ലാസ് എടുക്കാൻ ഇതൊന്ന് ശമിക്കുമ്പോൾ വീണ്ടും എന്ത് ആറു മാസം പോയി അപ്പൊ ഇതൊന്നും ഒരു ദോഷമൊന്നുമല്ല മനുഷ്യന്റെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യം പല രീതിയിൽ അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരു അസുഖങ്ങളെങ്ങനെ പഠിച്ചു എങ്ങനെ നോബൽ സമ്മാനം കിട്ടി അങ്ങനെ ജോഗിങ്ങിന് അർത്ഥമില്ല അതുപോലെ ഇദ്ദേഹത്തിനും ശങ്കേരി മഠത്തിലുള്ള ഒരു സംഗ്രാചര്യം ഇതേ പ്രശ്നം ഉണ്ടായി ഇതേ വ്യാഖ്യാനങ്ങളെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വരും എന്റെ ഒരു പരിചയക്കാരനാണത് പ്രസിദ്ധീകരിച്ചത് അപ്പൊ ഇതേ പ്രശ്നം അവർ പറയുന്നത് എന്താണ് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല ഞാൻ മുമ്പ് അരിക്കും ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കുറേ മുമ്പ് ഞാൻ വായിച്ചതാണ് കണ്ടവരാണ് ഞാനത് വായിച്ചത് അവിടുത്തെ ഒരു ഭക്തനാണത് പ്രസിദ്ധീകരിച്ചത് ഓർക്കുന്നില്ല എന്റെ ശങ്കരാചാര്യാണ് പ്രശ്നം ഇതാണ് പക്ഷെ അത് എഴുതിയിരിക്കുന്ന മുഴുവൻ എന്താണ് അത്ഭുത സദ്യയാണ് അത്ഭുത കാണിക്കുന്ന മുഴുവൻ അത് നമ്മൾ ശരിക്കും വായിച്ചു നോക്കിയറിയാം അല്പം ഒരു മനഃശാസ്ത്ര ബുദ്ധിയോടുകൂടി വായിച്ച മത്സരം ഇദ്ദേഹത്തിന്റെ ഭ്രാന്തരാണ് ഏതെങ്കിലും സ്വാമിമാർക്ക് ഭ്രാന്തം നിങ്ങൾ കഴിഞ്ഞാൽ അത് സമാധിയും സിദ്ധിയുമാണ് സാറിന് മനുഷ്യർ ഭ്രാന്തം എന്നാൽ അവനെ പിടിച്ചുകൊടുമ്പാർ ഉള്ള വ്യത്യാസം രക്ഷമില്ല എത്രയോ പേരുടെ വാൻഗോവ് പുതിയ ചിത്രകാരൻ ഒരു കടുത്ത ഭ്രാന്താരൻ അവസാനം സ്വയം ആത്മഹത്യ ചെയ്തു ആത്മഹത്യയിൽ ശാസ്ത്രജ്ഞന്മാർ സാഹിത്യകാരം നിരന്തരമായി എപ്പിലെ മാനസിക ഭ്രാന്തി ആത്മഹത്യ ചെയ്തു പ്രതിഭയിൽ ഇതിന് സമ്പാദിച്ച കുട്ടികൾ അവർ അത്ഭുതമായ പ്രതിഭകൾ കാണിക്കും അസാമാന്യമായ ഓർമ്മശക്തി സംഗീതം ചിത്രകല കുടി സംഭവിച്ച കുട്ടികളൊക്കെ അത്ഭുതകരമായ ചിത്രം പറ്റില്ല പക്ഷെ നോർമൽ എന്താണ് അത് പറയുന്നത് കാരണം ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിനിന്റെ മറ്റ് ശരീര അവയവങ്ങളെപ്പോലെയല്ല നമ്മുടെ കൈ കാലം മുറിഞ്ഞു പിന്നെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം എന്തെങ്കിലും തയ്യാറാൻ എന്താണ് മറ്റൊരു ഭാഗം അത് പരിഹരിക്കാൻ ശ്രമിക്കും അതിനാണ് ബ്രെയിൻ എലാസ്റ്റിസിറ്റി ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എല്ലാം പറയും എന്നാണ് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ള അങ്ങനെയാണ് അതുകൊണ്ട് ഓഡീസൊക്കെ ബാധിപ്പിച്ച കുട്ടികളെ അവർ മോശക്കാരൊന്നും കാണാൻ പറ്റില്ല അവർ വേറെ ചില കഴിവ് അവർ നമുക്കില്ലാത്ത ഓർമ്മിച്ച് ചൈനന്റെ ഒരു ഓഡീസോ ബാധിച്ച കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി ഒരുപാട് സംഗീത ബാൻഡുകളെയും മറ്റും ഇതാണ് അതിനെ കണ്ട്രോൾ ചെയ്യുന്ന ചെറിയ പ്രായത്തില് സംഗീതത്തെ കുറിച്ച് അസാമാന്യമായി അപ്പോ ഇതൊക്കെ ഇത് സംഗതികളെല്ലാം നമ്മുടെ ബ്രെയിനിനെ ആശ്രയിച്ചേ വേറെ ഒന്നും കുറച്ച് താരമു നിങ്ങൾ പറയണില്ല ഞാനും നിങ്ങളും കാണത്തില്ല എന്താണോ അഹം ബ്രെയിൻലെസ് പറയുന്ന കാലം ആദ്യം ഇതൊരു ഇതൊക്കെ പോകും ശാസ്ത്രം അങ്ങോട്ടൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതും പറയാം മന്ദർമാസും പറയാൻ കുഴപ്പമൊന്നും അതോടൊപ്പം ഇന്നുകൂടെ പറയുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ പിശാചം അതാണ് പൈസാചം എന്ന് പറഞ്ഞാൽ പിശാചനം പിശാചേന പ്രോക്തം പിശാച പറഞ്ഞതെന്നാണ് എൻ്റെ അർത്ഥം പിശാചേന അങ്ങനെ എൻ്റെ അർത്ഥം അങ്ങനെ തന്നെ അറി എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെന്ന് പറയുന്ന ഇതിനു എന്നാൽ ഇതിൻ്റെ ഒരു അതിനു വേറൊരു പലയിടത്തും എഴുതിയിരിക്കുന്ന ഹനുമാചാര്യ പ്രണീതവും ഈ ഹനുമാൻ അഞ്ചാ സാക്ഷാത് ഹനുമാൻ രാമന്റെ ഹനുമാൻ തന്നെയാണ് ഈ ഭാഷ എഴുതിയെന്ന് വിശ്വസിക്കുന്നവരോട് അങ്ങനെ പറയുന്ന ഒരു കഥകളാണ് നോക്കുന്നു എന്റെ വാസ്തു അറിയാൻ വഴിയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതിയതൊക്കെ എന്തായാലും ഈ ഭാഷത്തിന്റെ വ്യാഖ്യാനം വെങ്കടനാഥൻ ഇതുപോലെ ഇദ്ദേഹം വെങ്കടനാഥനാണ് അദ്ദേഹത്തിന്റെ പേര് വേദാന്ത ദേശീയന്റെ പേരും വെങ്കടനാഥൻ എന്നാണ് പേര് എഴുതുമ്പോന്നെല്ലാം അറിയാം അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണ് അദ്ദേഹവും രാമായ ഭാഷയൊക്കെ ഖണ്ഡിച്ചിട്ടുണ്ട് അല്ല ഇതിവിടെ തീരെന്ന കേസുണ്ട് അത് നമുക്കിത് ശ്രോകം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പറയും എങ്ങനെയാണ് ഇത് വന്നിട്ട് ഇത്രയും കാര്യം മനസ്സിലാക്കും നമ്മൾ എന്താണോ പ്രചരിതമായിരിക്കുന്ന ദുരന്തം അതിനെന്തൊക്കെ നൂപ്പ് ഹോളുന്നുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയും പിന്നെ അതിനെ നിഷേധിക്കുന്നു അല്ലേ എന്നുള്ള കാര്യമല്ല ഇതേപോലെയുള്ള എന്താണ് ഒരുപാട് യൂക്ക് ഹോളുകൾ എടുത്തു കാണിച്ച ആളാണ് രസത്തീർത് അദ്വീതത്തിൽ ഒരുപാട് ഇതേപോലെയുള്ള വികല്പങ്ങൾ അതിനോട് സെൻസ് കണ്ടത് പക്ഷെ അവിടെ വന്നില്ല അതിനു വീണ്ടും കണ്ടിട്ടു അതിനു വീണ്ടും കണ്ടിച്ചു അങ്ങനെ അതിനെ പലരും കഴിച്ചു ഇത് ഏതൊരു പോവാണ് അതിനുത്തരം ആരാണ് നാഗാർജുനെന്ന് പറഞ്ഞു മൂലമാധ്യമം എന്ന കാര്യങ്ങൾ നാഗാർജുൻ നിങ്ങൾക്ക് ഒരു സിദ്ധാന്തവും ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിയത്തില്ല ഒന്നും ഇങ്ങനെയൊക്കെ പറയാമുള്ളവരെയുള്ളൂ അത് ഏത് കാലത്ത് പറഞ്ഞോ ഒരു മൂന്നാം നൂറ്റാണ് കോമൻ നിറയ്ക്ക് ശേഷം അപ്പോഴാണ് നാതാഗ്രമം എന്ന് പറയും പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ വ്യാഖ്യാനായിട്ട് അത് പ്രചരിപ്പിച്ചു അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ കഴിയത്തില്ല ഒരു സിദ്ധാന്തം ഇത് പിൽക്കാലത്ത് സ്വീകരിച്ച ആളാണ് ആര് ചെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണ അതേ നാഗാർജുനന്റെ അതേ ആശയത്തിൽ അദ്ദേഹം സ്വീകരിച്ചത് ഈ നയ്യാഴന്മാരുടെ ലക്ഷണങ്ങൾ കണ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസമമായി പിന്നതാണ് സാമാന്യം പിന്നതാണ് ഇങ്ങനെ പറയുന്ന ഇതിലെല്ലാം അദ്ദേഹം കണ്ടിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തുന്ന ആശയത് തന്നെ ഒരു സിദ്ധാന്തം കണ്ടിക്കാൻ പറ്റില്ല പിന്നെ പരമാവധി എന്ന് പറയാമോ അണർ ഉപജനീയം അത് ഇത് പറയുമ്പോഴല്ല നിർവചിക്കാനൊന്നും കഴിയത്തില്ല നമുക്ക് അങ്ങനെ തർക്കത്തിലൂടെ ഇന്നും സമർപ്പിക്കാൻ കഴിയും അത് തന്നെ പിന്നീട് അതിനുശേഷം ഒരു ഈ പറയുന്ന പതിനാറാം നൂറ്റാണ് ജീവിച്ചിരുന്ന ഗംഗേഷ് ഉപാധ്യായ നമ്പിരുന്ന ഈ ഞാൻ അദ്ദേഹത്തിന്റെ പിന്തുടരണമെന്ന ആൾക്കാർ പിന്നെ അവരും അതേ നിസ് എന്താണ് എന്തുവന്നാലും അതിനെല്ലാം കണ്ടിക്കാം ഒന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അപ്പൊ ഈ ചിന്തയുടെ ലോകം അങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിയല്ല അതങ്ങനെയാണ് പിന്നെ ഈ ദർശനങ്ങളുടെ നിലനിൽപ്പ് ഇതെല്ലാം ഇത്രയും വലിയ ജനീസായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഇത് പറയുമ്പോൾ പിന്നെ ഈ ദർശനം കൂടെയൊക്കെ നിലനിൽപ്പ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരവാറിയു എന്താണോ വിശ്വാസം ഇതൊക്കെ മനസിലാക്കി വെച്ചിട്ടുണ്ട് പൊതുവായി പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകാൻ എന്തെങ്കിലുമൊക്കെ വെച്ച അദ്വൈതിയോ ദ്വൈതിയോ താന്ത്രികനോ മാന്ത്രികനോ എന്താവുന്ന അടിസ്ഥാനപരമായും ബോധം വരും അങ്ങനെ ഇല്ല അപ്പൊ ഇവിടെ ഭാഷ്യത്തിൽ എനിക്ക് വരാം സ്വനിശ്ചയാനുരൂപവും അദ്വതീയ ആത്മജ്ഞാനം കസ്മയും പരിശോധിച്ചു അദ്വിതീയമായ ബോധം വന്നു കഴിഞ്ഞാൽ തന്റെ നിശ്ചയത്തിനനുസരിച്ച് അദ്ദേഹം തനിക്കുറപ്പ് വേണം ആ ഉറപ്പിനെ സ്വീകരിച്ചോണ്ട് തന്നെ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് ശരിക്കുള്ള നിശ്ചയം അദ്വൈതാത്മബോധം നിശ്ചയം അദ്വൈതാത്മബോധം എന്ന് പറയുന്നത് നിശ്ചയമാണ് അതുപോലെ നിശ്ചയമാണെന്ന് തർപ്പിച്ചു പറയുന്നവരാണ് സുരേഷ്വരായ വാർത്തയൊക്കെ നിശ്ചയമാണ് ആ നിശ്ചയമായ ആ ബോധങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കശ്മീപ നിശദി ആശി ആ ചോദ്യത്തെയാണ് ഇത്രയും വിശദീകരിച്ച് മറുപടിയും പറയുന്നത് അടുത്തു പറയുന്നു പ്രതിബിംബവത് പ്രതീയമാനേവ്യോ അജുനവ്യ ം പറയേണ്ട ഒരു പ്രതിബിംബം പോലെ പ്രതീകമാകുന്ന അർജുനനോ അല്ലെങ്കിൽ ഇന്നുള്ള മുരുക്കന്മാർ ഇന്നുള്ള ശിഷ്യന്മാർക്കോ ഉപദേശിക്കുന്നു പറയുന്നത് പ്രതിബിംബം പോലെ കാണും അത് പറയാൻ കാരണം കൊണ്ട് അദ്വൈനി പറയുന്നത് എന്താണോ ഈശ്വരൻ എന്ന് പറയുന്ന സൂര്യനെപ്പോലെയാണ് ജീവന്മാരെന്ന് പറയുന്ന പ്രതിബിംബങ്ങളെപ്പോലെ അങ്ങനെ പ്രതിബിംബമായി കാണപ്പെടുന്നവരോടാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അത് ദേശീകർ എന്താ പറയുന്നു പരമാർത്ഥ ദേവത്വേജോ പരമാർത്ഥത്തിലേകമാണ് ഭ്രാന്തിയ ഭിന്നതയാ പ്രതീയമാണ് ഭ്രാന്തി കൊണ്ട് ഭിന്നമായി പ്രതീയമാകുന്ന പരമാർത്ഥത്തിലേകത്വമാണെങ്കിൽ ഭിന്നമായി കാണുന്ന ഭ്രാന്തി ഉണ്ടായിരുന്നില്ല അല്ല അവനെങ്ങനെ ഭിന്നമായി അനുഭവം പരമാർത്ഥ ഏകമാണ് നിശ്ചയമാണ് ബാധകജ്ഞാന അഭിന്നതയാ ഭ്രാന്തി കൊണ്ട് വേറെ തോന്നുന്നു പക്ഷെ എന്തു ചെയ്തു ഇവിടെ ഗുരുവിനും ബാധകജ്ഞാന ഈ ഭ്രാന്തി അസത്യമാണെന്ന് ഗുരുവി നിശ്ചയിച്ചു അപ്പൊ എന്ത് ചെയ്തു ശിഷ്യൻ അഭിന്നനാണെന്നാണ് എല്ലാം പറയണം അദ്ദേഹത്തിൽ ഏറ്റുവിസർജി പറഞ്ഞിരുന്നു ഭേദ ഭിന്നനാണെന്ന് തോന്നണമെങ്കിൽ ഭ്രാന്തിക്കാരം പക്ഷെ ഗുരുവിനെന്തെങ്കിലും ബാധകജ്ഞാനം ഉണ്ട് നാനാസ്തികനായാണല്ലോ അത് ബ്രഹ്മത്തിൽ ധന്യമായിട്ട് ഓന്യം തന്നെയാണ് ആ ബാധകജ്ഞാനം കൊണ്ട് അഭിന്നമായ ശിഷ്യൻ തന്നെ ബാധകജ്ഞാന അഭിന്നന നിശ്ചിതേദ്യ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ശിഷ്യന്മാർ അവർക്ക് വേണ്ടി എന്നാണ് അങ്ങനെ നിശ്ചയിച്ച ഗുരുവാണ് നിശ്ചയിച്ചിട്ട് അങ്ങനെയുള്ള ശിഷ്യന്മാർക്ക് വരും അത്വൈനികൾ പറയുന്നത് ഇവിടെയാണ് രാമാൻ രാജാജു പറയുന്നത് ഈ അഗ്വേനിയൊക്കെ നമ്പർട്ട് എന്താ പറയുന്നത് അനുന്മത്ത കോവി മണി കൃപണ കർപ്പണാദിഷു പ്രതീയമായു സ്വാത്മപ്രബിംബേഷു തേശാം സ്വാത്മനോ അനന്യതുഞ്ചാൻ തീർത്ഥ്യമി ഉപദി ഇതാണ് നിങ്ങളുടെ സിദ്ധാന്തമെങ്കിൽ ബാധജ്ഞാനം കൊണ്ട് അദ്ദേഹം നാനാസ്തി ഹിഞ്ചന എന്നുള്ള ജ്ഞാനം കൊണ്ട് നിങ്ങൾ ഗുരു ശിഷ്യനെ അഭിന്നനായി അറിഞ്ഞുകൊണ്ട് അങ്ങനെ അഭിന്നനായിരിക്കുന്ന ശിഷ്യനോടുകൂടി ഇത് തീർന്നില്ല എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ ബാധിതാനുമുഖ്യം സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അനന്മത്ത ഹോപ്പ് ഈ ഭ്രാന്തില്ലാതെ ഇങ്ങനെ പറയൂ നീ പറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭ്രാന്ത് ഉണ്ടെന്നല്ല എന്റെ അർത്ഥം പറയണത് ഭ്രാന്തില്ലെങ്കിൽ നീ ഇത് പറയൂ എന്ന് ചോദിച്ചാൽ നീ പറയുന്നു നിനക്ക് ഭ്രാന്തണ്ടെന്നർത്ഥം വളരെ സ്പഷ്ടം അനന്മത്ത ഹോപ്പ് ഈ മണി കൃപാണ ദർപ്പണാദേശോ ഞാൻ ഇവിടെ പറയുന്ന പ്രതിബിംബിക്കുന്ന വസ്തുക്കൾ മണിയാകാം കൃപാണമാകാം പാളം ഗന്ദൊക്കെ ആകാം കണ്ണാടിയാകാം പ്രതീയ മാനേഷ് സ്വാമി പ്രതിബിംബേഷ് അത് തന്റെ പ്രതിബിംബമാണ് എന്നാലോചിച്ച് നോക്കുക ഞാൻ എനിക്ക് നിങ്ങളെ ആരും കിട്ടുന്നില്ല വാചമടിക്കുന്നതിന് എഴുതി ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കണ്ണാടി എടുത്ത് മുൻപ് വെച്ചിട്ട് എന്തു ചെയ്യുന്നു അതേ നോക്കി പറയും ഇതാരെങ്കിലും ചെയ്യോ ആരെങ്കിലും പണ്ടതിക്ക് വളരെ എന്ത് ഞാൻ കുട്ടിക്കാർക്ക് എബ്രഹാൻ ഇങ്ങന്റെ ചരിത്രം വാങ്ങിച്ചു അത് പറയുന്നുണ്ട് എബ്രഹാനിംഗും കണ്ണാടി എടുത്ത് വെച്ചിട്ട് അതി നോക്കി പ്രസംഗിക്കും പ്രസംഗിക്കാൻ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അല്ലാ തത്വോപദേശം സ്വത്മപ്രതിഭും വേഷവും തന്റെ പ്രതിബിംബത്തോടെ അറിയുന്ന തത്വോപദേശം കണ്ണാടി നോക്കി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണോ ഞാൻ ഒട്ടാണോ അപ്പൊ അത് േഷാം സ്വാത്മനോ അനന്യക്കുഞ്ചാണ് ആ കാണുന്ന താൻ തന്നെയാണെന്നാണ് അറിയുന്നത് അല്ലേ ഒരാൾ കണ്ണാടി നോക്കിയിട്ട് പറയുന്നത് ഇത് ഇത് അങ്ങന അത് വളരെ സ്പഷ്ടമാണ് കാരണം ഈ പക്ഷികളൊക്കെ ഞാൻ താമസിക്കുന്ന ഘട്ടത്തിന്റെ ജനാധീനം വന്നിട്ട് കൊത്തും കാരണം അത് കാണുന്ന എന്താണെന്ന് അതിന്റെ പ്രതിബിംബം അതിനെ തന്നെ കാണുന്നു നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിയുള്ളതുകൊണ്ട് അതിന് പ്രതിബിംബം എന്നറിയും മറ്റേ അതും അറിയുന്നില്ല അങ്ങനെ കണ്ടിട്ട് അതിന് ശത്രുവാണെന്ന് ആണ് അതിനോട് കൂട്ടുന്നത് അനന്റെ ഗാനം എന്നത് താൻ തന്നെയാണോ തന്റെ പ്രതിബിംബം തന്നെയാണെന്ന് കണ്ടിട്ട് ആ പ്രതിബിംബങ്ങളോട് കിമപി ഉപദേശി എന്തെങ്കിലും ഉപദേശിക്കുന്നു അവിടെ താഴെ ഏതാദേശികൾ പറയുന്നു അനന്തി അജാനന്ദോ ബാലാദേഹ കാശേ ഉപദിശി ഉപദിഷ് ഉപദിഷ ഉപദേശിക്കുമോ എന്ന് ചോദിക്കണം ദിശാ ദിവസം ഉപചേരിമ്പ അർത്ഥം മാറും അനന്യത്വം അജാനന്ദം അനന്യത്വത്തെ അറിയാതെ അന്യനാണെന്നറിയാതെ എന്തു ചെയ്യും ബാലഅറിയ കൊച്ചുകുട്ടികളും പറ്റുമൊക്കെ എന്തു ചെയ്യും സാറിന് കൊച്ചുകുട്ടികളെ ഗോമിന് ചിലപ്പോൾ കണ്ണാടി കാണിച്ചത് അതാ ഒരു വാവ എന്ന് പറയും താനാണെന്നത് അറിയുന്നില്ല അതിന്റെ ഭഗവാൻ തിരിച്ചറിയാൻ പറ്റില്ല എന്നിട്ട് അതിന് ഭക്ഷണമൊക്കെ എടുത്തോളൂ ചെറിയ കുട്ടികൾ അങ്ങനെ അതൊക്കെ സംഭവിക്കും അതുപോലെ ഉദ്ദേശിച്ചു അതുകൊണ്ട് എന്താണോ അറിയോ ഉപദേശിച്ച അന്തി ഭ്രാന്തമായി എന്തായാലും ഒരു ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ് എനിക്കിപ്പോ കുറച്ച് കാര്യങ്ങൾ അറിയാം എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല എന്നുകൊണ്ട് എന്തോ ഒരു കാരണം നിങ്ങൾക്ക് അറിയില്ലെന്നാണ് പുതിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്ന തെറ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വേറെ നിങ്ങൾ വേറെ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഉപദേശിക്കാൻ പറ്റും ഞാനാണെങ്കിൽ പിന്നെ എനിക്കറിയാവുന്നോ ഞാനിതിനുപദേശിക്കില്ല എന്നോട് അപ്പൊ നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എന്താണോ ഞാൻ വേറെയാണ് നിങ്ങൾ വേറെയാണ് എനിക്കറിയാം നിങ്ങൾക്കറിയില്ല ഈ ബോധത്തോടെ ഇവരാ ഉപദേശിക്കാൻ പറ്റും അദ്വൈതി പറയുന്ന അനുസരിച്ചാണ് ഇവന്താണ് ഭ്രാന്തക്വാറി ഭ്രാന്ത് വട്ട് എന്തൊക്കെ പേരുണ്ടോ അതെല്ലാം വരും എന്നാണ് ഉണ്ട് എന്താ ഉപദേശിക്കുന്ന ആളുകൾ ലോകികൾ ലൗകികം അലൗകിക ലൗകികമായി അലൗകികമായ സ്വർഗാനികളോ അതിഷ്ടമോ അപൂർവമോ ഇതൊക്കെ ഉപദേശിക്കുമോ ദുഷ്ടാർത്ഥം അദൃഷ്ടാർത്ഥമാണ് ദുഷ്ടപ്രയോജനമുള്ള കാര്യങ്ങൾ കൃഷിരക്ഷ വാണിജ്യം ഇതൊക്കെ ഉപദേശിക്കുന്നു അതോ അതിഷ്ടപ്രയോജനമുള്ള ബ്രഹ്മപദവിയെപ്പോലെയുള്ള പോസ്റ്റുകൾ അത് ഉപദേശിക്കുന്നു ഇതൊന്നും ഉപദേശിച്ചില്ല തിർക്ക് മോക്ഷ മോക്ഷത്തിനുവേണ്ടി ഉപദേശിച്ചിട്ടുണ്ട് അദ്വൈതജ്ഞാനം മോക്ഷത്തിന് വേണ്ടി അദ്വൈതീങ്ങനെ പറയും ഇത് ഇത് ഓരോ പ്രദേശിക്കാൻ പറ്റില്ല പിന്നെ മോക്ഷാടത്തി ഇതുവരെ രാമാനുജാചാര്യ വളരെ അദ്വൈതയോട് വളരെ ദയവായിട്ട് സംസാരിച്ച് തരുതുക എന്ന് വെച്ചാൽ അദ്വൈതി പറയുന്നത് ബാധിതാനുവൃത്തി അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് അതുപോലെ ദോഷങ്ങളും ഇനി കുറച്ചുകൂടെ കടുപ്പിച്ചാണ് പറയുന്നത് ബാധിതാനുവൃത്തി എന്ന് പറയുന്നത് നടക്കട്ടെ അങ്ങനെയൊരു സംഭവം നടക്കട്ടെ ഇവിടെ നമ്മൾ അദ്വൈതത്തെ നിഷേധിക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുന്നതായിരുന്നു ഇവിടെ രാമാനുചാചാര്യരായാലും ശരി വേദാന്ത ദേശികരായാലും അദ്വൈതത്തെ നിഷേധിക്കുമ്പോൾ ഒരിടത്ത് അഭിപക്വാദം എന്ന് പറയുന്ന രീതിയിൽ അല്ല ഖിക്കുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അദ്വൈതത്തിന്റെ പ്രക്രിയകൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള ദോഷങ്ങളെടുത്ത് കാണിക്കുകയും ഒരിടത്തും രാമാനുജാചാര്യോ അല്ലെങ്കിൽ വേദാന്ത ദേശീയോ അദ്വൈതയുടെ ആശയങ്ങളെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി തന്റെ സിദ്ധാന്തം കൊണ്ടുവരുന്നു എവിടെയെങ്കിലും കൊണ്ടുവന്നു ഞങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് വിശിഷ്ടാദ്വൈതമനുസരിച്ച് നിങ്ങൾ പറയുന്നത് ശരിയല്ല വിശിഷ്ടാദ്വൈതത്തിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളെ ശരിയല്ല എന്നോടത്തും പറയുന്നില്ല എല്ലായിടത്തും എന്താണ് അദ്വൈതീത പ്രക്രിയകൾ സ്വീകരിച്ചിട്ട് അതിനകത്തുള്ള ദോഷങ്ങൾ എടുത്തു കാണിക്കുകയാണ് അതാണ് ഈ ഇവരുടെ ഒരു പ്രത്യേകത ഇത് പലപ്പോഴും ശങ്കരാചാര്യ പോലും ഇത് ചെയ്യാറുണ്ട് ശങ്കരാചാര്യതിരാളെ ഖണ്ഡിക്കുമ്പോൾ പ്രത്യേകിച്ചും വിജ്ഞാനവാദികളെയും മറ്റും ഖണ്ഡിക്കുമ്പോൾ ഒരു പരിധിവരെ ഖണ്ഡിച്ചിട്ട് പിന്നെ എന്ന് പറയും ഇതാണ് ഞങ്ങളുടെ സിദ്ധാന്തം എന്തുകൊണ്ട് ചോദ്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതാണ് ഞങ്ങൾ അപ്പോ എതിരാളിയോട് സംസാരിക്കുമ്പോൾ ഒരു പരിധി വരെ അവര് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല സ്വന്തം സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് അവരെ പറയുക ഒരു നടപടിക്ക് ഇതുവരെ മുതിർന്നിട്ട് എന്റെ അവസാനം തന്നെയാണ് അതിന് മുതിരുന്നില്ല മറിച്ച് അദ്വൈതി എന്താണോ അദ്വൈതിയുടെ പ്രക്രിയ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് എന്തു അതിനെ ഖണ്ഡിക്കുകയാണ് നിങ്ങളുടെ പ്രക്രിയ അനുസരിച്ച് നിങ്ങളുടെ വിചാരരീതി അനുസരിച്ച് നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങൾ പറയുന്നത് അബദ്ധമാണെന്ന് പറയും ഇവിടെയാണ് അദ്ദേഹം മനസ്സിലായത് അതാണ് ഇതിന്റെ സൂക്ഷ്മമായ വിഷയം അപ്പോ ഇതിന് സമാധാനം പറയുമ്പോൾ എന്ത് തന്നെ ഞങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല മറിച്ച് ഈ പറഞ്ഞ ആരോപാണ് ഇന്നയില്ല ദോഷങ്ങൾ എന്ന് പറഞ്ഞ ആ ദോഷങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് അല്ലെങ്കിൽ ശ്രുതി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചും പറയാം മാനുചാര്യർ ഒരിടത്ത് വർഗം ശ്രുതിയെ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ അത് മറ്റൊരു വിഷയത്തിലാണ് സർവജ്ഞ സ്രവശ്രുതി കൊണ്ടുപോകുന്നു പക്ഷെ ആ ശ്രുതി എന്ന് പറയുന്നത് അതേ രീതിയിൽ അതേ വ്യാഖ്യാനത്തെ തന്നെ അദ്വൈതി സ്വീകരിക്കുന്ന അദ്വൈതം എതിർക്കുന്ന അദ്വൈതി എന്താണ് പറയുന്നത് ഈശ്വരൻ സർവജ്ഞസ്രോതി ജന്മാദ്യശാസ്ത്രയോജിക്കുക ഇതൊക്കെ അദ്വൈതി സംബന്ധമായ കാര്യമില്ല അപ്പോ ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്വൈതയുടെ അതേ പ്രക്രിയയിൽ ഉദ്ധരിച്ചിട്ട് അതിന് മറുപടി പറയുന്ന ഒരു രീതിയാണ് അവിടെ സ്വീകരിച്ചത് അപ്പോ ഈ പറഞ്ഞ ദോഷങ്ങൾ തന്റെ മറുപടി പറഞ്ഞാൽ രീതി ശരിയായ മറുപടിയാകും അല്ലെങ്കിൽ എല്ലാ ഭണ്ഡന പൂർണ്ണമായിരുന്നു